എന്നാൽ തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെട്ടവർക്ക് മുകളിലായി അറകൾ നിർമ്മിക്കപ്പെട്ട അറകളുണ്ട് അവയുടെ താഴെയായി അരുവികൾ ഒഴുകുന്നു അത് അള്ളാഹു സുബഹാനഹുവ തായാലായുടെ വാഗ്ദാനമാണ് അള്ളാഹു സുബഹാനഹുവ തായാല വാഗ്ദാനം ലംഘിക്കുകയില്ല